നിങ്ങളെല്ലാവരും അവങ്കലേക്കാണ് മടങ്ങേണ്ടത് അള്ളാഹുസുബാനഹുവറ്റലയുടെ വാഗ്ദാനം സത്യമാണ് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് നീതിപൂർവം പ്രതിഫലം നൽകുന്നതിനായി അവൻ സൃഷ്ടിപ്പാരംഭിക്കുകയും പിന്നീട് അതിനെ ആവർത്തിക്കുകയും ചെയ്യുന്നു എന്നാൽ സത്യനിഷേധികൾക്ക് അവർ നിഷേധിച്ചതിനാൽ തിളച്ച വെള്ളം വേദനയേറിയ ശിക്ഷയും ഉണ്ടാകും